ധ്യായം മൂന്ന് അനന്തരം നാം തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയായി പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓകും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു എന്നറ യഹോവ എന്നോട് അവനെ ഭയപ്പെടരുത് ഞാൻ അവനെയും അവന്റെ സർവജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹെസ്ബോനിൽ പാർത്തിരുന്ന അമൂര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യുമെന്ന് കൽപ്പിച്ചു അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ സകല ജനത്തെയും നമ്മുടെ കൈയിൽ ഏൽപ്പിച്ചു അവന് ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു അക്കാലത്ത് നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു നാം അവരുടെ പക്കലിൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല ബാഷാനിലെ ഓഗിന്റെ രാജ്യമായ അറുപത് പട്ടണങ്ങളുള്ള അർഗോബ് ദേശം ഒക്കെയും അനവധി ഊരുകളും പിടിച്ചു ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു ഹെഷ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി എന്നാൽ ൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃദവും നാം കൊള്ളയിട്ടെടുത്തു ഇങ്ങനെ അക്കാലത്ത് അമൂര്യരുടെ രണ്ടു രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാനക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം ദേശവും സീതോന്യർ ഹെർമോന് സിരിയോനെന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗലയാതുമുഴുവനും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക എദ്ര എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നം പിടിച്ചു ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ ഇരുമ്പുകൊണ്ടുള്ള അവന്റെ മഞ്ചം അമോന്യ നഗരമായ രബ്ബയിൽ ഉണ്ടല്ലോ അതിന് പുരുഷന്റെ കൈക്ക് ഒമ്പത് മുളം നീളവും നാലു മുഴം വീതിയുമുണ്ട് ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി അർന്നോൻ താഴ്വരരികെയുള്ള അരോവേർ മുതൽ ഗലയാത് മലനാട്ടിന്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂപന്യർക്കും ഗാദ്യർക്കും കൊടുത്തു ശേഷം ഗിലയാദും ഓകന്റെ രാജ്യമായ ബാഷാൻ മുഴുവനും അർഗോപ് ദേശം മുഴുവനും ഞാൻ മനശിയുടെ പാതിഗോത്രത്തിന് കൊടുത്തു ബാഷാൻ മുഴുവനും മല്ലന്മാരുടെ ദേശമെന്ന് പേർ പറയുന്നു മനശിയുടെ മകനായ യായിർ ഗശൂര്യരുടെയും മാഖാത്യരുടെയും അതിർവരെ അർഗോപ് ദേശം മുഴുവനും പിടിച്ച് തന്റെ പേരിൻ പ്രകാരം ബാഷാന് ഹവോർ എന്ന് പേരിട്ടു ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞുവരുന്നു മാഖീരിന് ഞാൻ ഗിലയാത് ദേശം കൊടുത്തു രൂപന്യർക്കും ഗാദ്യർക്കും ഗിലയാതുമുതൽ അർന്നോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോന്യരുടെ അതിരായ യബോക്ക് തോടുവരെയും കിന്നറ് തുടങ്ങി കിഴക്കോട്ട് പിസ്ഗയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രയേലിയരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാനക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്കു കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം അക്കാലത്ത് ഞാൻ യോശുവയോട് അജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ ആ രണ്ട് രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത് അക്കാലത്ത് ഞാൻ യഹോവയോട് പേക്ഷിച്ചു കർത്താവായ യഹോവെ നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ച് തുടങ്ങിയല്ലോ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്നു പറഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു എന്റെ അപേക്ഷ കേട്ടതുമില്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്കയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക ഈ യോർദാൻ നീ കടക്കയില്ല യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്ക അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും നീ കാണുന്ന അവനവർക്ക് അവകാശമായി പങ്കിട്ടുകൊടുക്കും എന്നരുളി ചെയ്തു അങ്ങനെ നാം ബേത് പയോറിനെതിരെ താഴ്വരയിൽ പാർത്തു